അവൻ അവരെ എല്ലാം ഒരുമിച്ചുകൂട്ടുന്ന ദിവസം അവൻ പറയും ഓ ജിന്നുകളുടെ സമൂഹമേ നിങ്ങൾ മനുഷ്യരിൽ നിന്ന് ധാരാളമായി കൂട്ടുകാരെ ഉണ്ടാക്കിയല്ലോ മനുഷ്യരിലായ അവരുടെ കൂട്ടാളികൾ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ പരസ്പരം ആസ്വാദിച്ചു നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച കാലാവധി ഞങ്ങൾ പൂർത്തിയാക്കി അവൻ പറയും അള്ളാഹു സുബഹാനഹൂവറ്റ് ആല ഉദ്ദേശിച്ചവരൊഴികെ നിങ്ങൾ എന്നെന്നേക്കുമായി വസിക്കേണ്ടത് നരകത്തിലാണ് തീർച്ചയായും നിന്റെ രക്ഷിതാവ് യുക്തിമാനുമെല്ലാം അറിയുന്നവനുമാണ്